അദ്ദേഹം പറഞ്ഞു എന്റെ മക്കളെ നിങ്ങളൊരൊറ്റ വാതിലിലൂടെ പ്രവേശിക്കരുത് പകരം വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക അള്ളാഹുസുബഹാനുഹൂവ തയാലായുടെ തീരുമാനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളെ ഒന്നും സഹായിക്കാൻ കഴിയില്ല വിധി അല്ലാഹുസുബഹാനുഹൂവ തയാലായുടേതു മാത്രമാകുന്നു അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചു ഭരമേൽപ്പിക്കുന്നവർ അവനിൽ തന്നെ ഭരമേൽപ്പിക്കട്ടെ